അവൻ ആകാശങ്ങളെയും ഭൂമിയേയും സത്യത്തോടുകൂടി സൃഷ്ടിച്ചു അവൻ രാത്രിയെ പകലിന്മേലും പകലിനെ രാത്രിക്കുമേലും ചുറ്റുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി അവയോരോന്നും നിശ്ചിതകാലം വരെ സഞ്ചരിക്കുന്നു ശ്രദ്ധിക്കുക അവൻ പ്രതാപശാലിയും ഏറെ പൊറുക്കുന്നവനുമാണ്